ായ രണ്ട് നവോമിക്ക് തന്റെ ഭർത്താവായ എലിമെലേക്കിന്റെ കുടുംബത്തിൽ മഹാധനവാനായ ഒരു ചാർച്ചക്കാരൻ ഉണ്ടായിരുന്നു അവന് ബോവസ് എന്ന് പേർ എന്നാൽ മോവാഭ്യ സ്ത്രീയായ രൂത്ത് നവോമിയോട് ഞാൻ വയലിൽ ചെന്ന് എന്നോട് ദയ കാണിക്കുന്നവനെ ആശ്രയിച്ച് കതിർ പിറക്കട്ടെ എന്ന് ചോദിച്ചു കൊയ്ക്കൊള്ളുക മകളെ എന്ന് അവൾ അവളോട് പറഞ്ഞു അങ്ങനെ അവൾ പോയി വയലിൽ കൊയ്ത്തുകാരുടെ പിന്നാലെ ചെന്ന് പെർക്കി ഭാഗ്യവശാൽ അവൾ എലിമെലേക്കിന്റെ കുടുംബക്കാരനായ ബോവസിനുള്ള വയലിലായിരുന്നു ചെന്നത് അപ്പോളിതാ ബോവസ് ബെത്തലഹേമിൽ നിന്ന് വരുന്നു അവൻ കൊയ്ത്തുകാരോട് യഹോവ നിങ്ങളോടു ഇരിക്കട്ടെ എന്ന് പറഞ്ഞു യഹോവൻ നിന്നെ അനുഗ്രഹിക്കട്ടെ എന്നാണ് അവർ അവനോടും പറഞ്ഞു കൊയ്ത്തുകാരുടെ മേലാളായിരുന്ന ഭൃത്യനോട് ഈ യുവതി ഏതെന്ന് ബോവസ് ചോദിച്ചു കൊയ്ത്തുകാരുടെ മേലാളായ ഭൃത്യന്ത്യൻ ഇവൾ മോവാബ് ദേശത്ത് നിന്നാണ് നവോമിയോടു കൂടെ വന്ന മോവാബ്യ യുവതിയാകുന്നു ഞാൻ കൊയ്ത്തുകാരുടെ പിന്നാലെ കറ്റകളുടെ ഇടയിൽ പെറുക്കിക്കൊള്ളട്ടെ എന്നവൾ ചോദിച്ചു അങ്ങനെയവൾ കാലത്തുവന്ന് ഇതുവരെ പെറുക്കിക്കൊണ്ടിരിക്കുന്നു വീട്ടിലല്പനേരമേ താമസിച്ചുള്ളൂ എന്നു തരം പറഞ്ഞു ബോവസ്വരൂത്തിനോട് കേട്ടെ പെറുക്കുവാൻ വേറൊരു വയലിൽ പോകേണ്ട ഇവിടം വിടുകയും വേണ്ട ഇവിടെ എന്റെ ബാല്യകാര്യത്തികളോട് ചേർന്നുകൊള്ളുക അവർ കൊയ്യുന്ന നിലത്തിന്മേൽ ദൃഷ്ടി വച്ച് അവരുടെ പിന്നാലെ പൊയ്ക്കൊള്ളുക ബാല്യക്കാർ നിന്നെ തുടരുതെന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട് നിനക്ക് ദാഹിക്കുമ്പോൾ പാത്രങ്ങൾ കരികെ ചെന്ന് ബാല്യക്കാർ കോരിവെച്ചതിൽ നിന്ന് കുടിച്ചുകൊള്ളുക എന്നു പറഞ്ഞു എന്നാറേ അവൾ സാഷ്ടാംഗം അവനോട് ഞാൻ അന്യദേശക്കാരിക്ക് നീ എന്നെ വിചാരിപ്പാൻ തക്കവണ്ണം നിനക്കെന്നോട് ദയ തോന്നിയത് എങ്ങനെയെന്ന് പറഞ്ഞു ബോവസ് സവളോട് നിന്റെ ഭർത്താവ് മരിച്ച ശേഷം അമ്മാവിയമ്മയ്ക്ക് നീ ചെയ്തിരിക്കുന്നതും നിന്റെ അപ്പനെയും അമ്മയെയും സ്വദേശത്തെയും വിട്ട് മുമ്പേ അറിയാത്ത ജനത്തിന്റെ അടുക്കൽ വന്നിരിക്കുന്നതുമായ വിവരമൊക്കെയും ഞാൻ കേട്ടിരിക്കുന്നു നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ ഇസ്രയേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്നുത്തരം പറഞ്ഞു അതിനവൾ യജമാനനെ ഞാൻ നിന്റെ ദാസുമാരിൽ ഒരുത്തിയപ്പോലെ അല്ല എന്നുവരികില്ലേ നീ എന്നെ ആശ്വസിപ്പിക്കുകയും അടിയനോട് ദയയായി സംസാരിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം എന്നോട് നിനക്ക് കൃപ തോന്നിയല്ലോ എന്നു പറഞ്ഞു ഭക്ഷണസമയത്ത് ബോവസ് അവളോട് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാം കർഷണം ചാറ്റിൽ മുക്കൊള്ളുക എന്നു പറഞ്ഞു അങ്ങനെയവൾ കൊയ്ത്തുകാരുടെ അരികെ ഇരുന്നു അവനവൾക്ക് മലർ കൊടുത്തു അവൾ തിന്ന് തൃപ്തയായി ശേഷിപ്പിക്കുകയും ചെയ്തു അവൾ പെറുക്കുവാൻ എഴുന്നേറ്റപ്പോൾ ബോവസ് ബാല്യക്കാരോട് അവൾ കറ്റകളുടെ ഇടയിൽ തന്നെ പെറുക്കിക്കൊള്ളട്ടെ അവളെ ഉപദ്രവിക്കരുത് പെറുക്കേണ്ടതിന് അവൾക്കായിട്ട് കറ്റകളിൽ നിന്ന് വലിച്ചിട്ടേക്കണം അവളെ ശകാരിക്കരുത് എന്ന് കൽപ്പിച്ചു ഇങ്ങനെ അവൾ വൈകുന്നേരം വരെ പെറുക്കി പെറുക്കിയത് മെതിച്ചപ്പോൾ ഏകദേശം ഒരു പറയവം ഉണ്ടായിരുന്നു അവളത് എടുത്തും കൊണ്ട് പട്ടണത്തിലേക്ക് പോയി അവൾ പെറുക്കിക്കൊണ്ടുവന്നത് അമ്മാവിയമ്മ കണ്ടു താൻ തിന്നു ശേഷിപ്പിച്ചിരുന്നതും അവളെടുത്ത് അവൾക്ക് കൊടുത്തു അമ്മാവിയമ്മ അവളോട് നീ ഇന്ന് എവിടെയായിരുന്നു പെറുക്കിയത് ആയിരുന്നു വേല ചെയ്തത് നിന്നോട് ആദരവ് കാണിച്ചവന അനുഗ്രഹിക്കപ്പെട്ടവൻ എന്നു പറഞ്ഞു താൻ ഇന്നയാളുടെ അടുക്കലായിരുന്നു വേല ചെയ്തതെന്ന് അവൾ അമ്മാവിയമ്മയോട് അറിയിച്ചു ബോവസ് എന്നൊരു ആളുടെ അടുക്കലായിരുന്നു ഞാൻ ഇന്ന് വേല ചെയ്തതെന്ന് പറഞ്ഞു നവോമി മരുമകളോട് ജീവനുള്ളവരോടും മരിച്ചവരോടും ദയവിടാതിരിക്കുന്ന യഹോവയാൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്നു പറഞ്ഞു ആയാൾ നമുക്ക് അടുത്ത ചാർച്ചക്കാരനും നമ്മുടെ വീണ്ടെടുപ്പുകാരിൽ ഒരുത്തനുമാകുന്നു എന്നും നവോമി അവളോട് പറഞ്ഞു എന്റെ ബാല്യക്കാർ കൊയ്ത്തെല്ലാം തീർക്കുവോളം അവരോട് ചേർന്നിരിക്കുകൂടെ അവൻ എന്നോട് പറഞ്ഞു എന്ന് മോവാബി സ്ത്രീയായ രൂത്ത് പറഞ്ഞു നവോമി തന്റെ മരുമകളായ രൂത്തിനോട് മകളെ വേറൊരു വയലിൽ വച്ച് ആരും നിന്നെ ഉപദ്രവിക്കാതിരിക്കേണ്ടതിന് നീ അവന്റെ ബാല്യകാര്യത്തുകളോടുകൂടെ തന്നെ പോകുന്നത് നന്ന് എന്ന് പറഞ്ഞു അങ്ങനെ അവൾ യവക്കൊയ്ത്തും കോതമ്പ് കൊയ്ത്തും തീരുവോളം പെറുക്കുവാൻ ബോവസിന്റെ ബാല്യകാര്യത്തുകളോട് ചേർന്നിരിക്കുകയും അമ്മാവിയമ്മയോടുകൂടെ പാർക്കുകയും ചെയ്തു